നമ്മൾ വിഷമിക്കണത് ഇതാണല്ലോ ഞാൻ ചെയ്തു ഞാൻ ചെയ്തു ഞാൻ ചെയ്തു പ്രായശ്ചിത്തം വർഷാവർഷം ചെയ്യണ പ്രായശ്ചിത്തം ഇതാണ് കാമം ചെയ്തു ഞാൻ കോപം കൊണ്ട് ചില ദോഷം ചെയ്തു കാമം കൊണ്ട് ദോഷം ചെയ്തു കാമോ കാർഷീത് ഞാനാണോ ചെയ്തത് അല്ല എന്റെ ഉള്ളിലുള്ള രാഗം അത് ചെയ്തു കാമഹ ർത്താ കാമഹയിഹം കാരയിത ഉള്ളിലുള്ള ആശ ചെയ്തു ക്രോധം ചെയ്തു ഇതൊക്കെ ദോഷം ചെയ്യിപ്പിച്ചു ഞാൻ കർത്താവല്ല ഞാൻ ഭോക്താവല്ല എന്നുള്ള ജ്ഞാന പരിശീലനം ജ്ഞാന പരിശീലനമാവുന്ന അഗ്നിയിൽ ഇതിനെ ദഹിപ്പിക്കണം ഉള്ളിലെ ഞാൻ ഞാൻ ഞാൻ തോന്നുമ്പോൾ ഈ ഞാൻ ആരാണ് ഞാൻ എന്താണ് ഇങ്ങനെ പാപം ചെയ്തു തോന്നുന്നു ഞാൻ ആരാണ് അപ്പോൾ ഞാൻ നല്ലവണ്ണം പിടികിട്ടും അറ്റ്ലീസ്റ്റ് ചെയ്തു ചെയ്തു തോന്നുമ്പോ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ ഈ കുറ്റം ചെയ്തു ഞാൻ വേണ്ടാതരം ചെയ്തു ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ഈ ഞാൻ ആരാണ് ഞാൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് ആരായുമ്പോ ഈ ഞാൻ എന്നുള്ളത് ഹൃദയത്തിൽ ചെന്നും അറിയുകയും അവിടെ മറ്റൊന്ന് താനേ താനായി വിളങ്ങി നിൽക്കുന്നതും ആ ഈശ്വരൻ സർവ്വകർത്താവും ഭോക്താവുമായി ഈശ്വരനെ അവിടെ കാണും പ്രകൃതിക്ക് മുഴുവൻ പുറകിലുള്ള മോണിറ്റർ പ്രകൃതിയെ ആ കളിപ്പാട്ടത്തിന് സ്ക്രൂ കൊടുക്കുന്ന ആളെ അവിടെ കാണും ആ ഭഗവാനെ കണ്ടു കഴിയുമ്പോ യു സറണ്ടർ ടു ഹിം ശരണാഗതി പിന്നെ ഒരു ദോഷവും നിങ്ങളെ സ്പർശിക്കില്ല യു ആർ ഫ്രീ അപ്പൊ നമുക്കൊരു സംശയം തോന്നും അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ അവരെന്തും ചെയ്യുവോന്ന് നോക്കൂ ഒരു സാധകന് തന്നെ അനിഷ്ടകർമ്മങ്ങളിൽ നിവൃത്തി ഉണ്ടാവും സിദ്ധൻ അനിഷ്ടകർമ്മം ചെയ്യോ അഥവാസിദ്ധൻ ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ ലക്ഷ്യമല്ല ഈശ്വരനീയതി ചെയ്യിപ്പിക്കണത് വേറെ അത് ഇൻഡിവിജ്വലിന്റെ അല്ലാതെ അത് ഇൻഡിവിജ്വലിനെ ബാധിക്കില്ല അതുകൊണ്ട് ഇത് രണ്ട് കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല പക്ഷെ ഇത് ഈ ശ്ലോകം പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ആത്മജ്ഞാനത്തിന്റെ ഒരു വൈഭവം ഒരു മഹിമ പറയാൻ വേണ്ടിയിട്ടാണ് അത് കർമ്മത്തിന്റെ ഭയങ്കരമായ പിടിയിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു സംസാരം എന്ന് പറയണത് കർമ്മമാണ് നമ്മളുടെ വാസന അതുകൊണ്ട് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച് കൊയ്ത്ത് നടത്തി അനുഭവിക്കുന്ന വിഷമം മൊത്തത്തിൽ ഇത് മുഴുവൻ അങ്ങോട്ട് പറിച്ചു കളി ഉള്ളില് പുതിയൊരു വിളവ് നടത്തുകയാണ് നമ്മൾ വിളയും ശിവാനന്ദ ഭൂമി അത്ത വെട്ടവെളി നണ്ണി ദുഷ്ട ഇരുളാം കളയുന്ന പിൻപാത്തേൻ അയ്യൻ കളയൻ വേറൊന്നും കണ്ടില്ലേൻ തോഴി ശങ്കര ശങ്കര ശംഭോ ശിവ ശങ്കര ശങ്കര ശങ്കര ശംഭോ ശങ്കര ശങ്കര ശംഭോ ഈ കർമ്മബന്ധം വിളയിക്കുന്ന ഭൂമിയെ ശിവാനന്ദം വിളയിക്കുന്ന ഭൂമിയാക്കി മാറ്റി എന്നാണ് താ തായ്മാനോ സ്വാമികൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ കളയെ കളയ പിൻപാറ്റ ഉള്ളിൽ കളപറിച്ചു കള പറിച്ചു കളഞ്ഞപ്പോ അയ്യൻകളയെ കണ്ടേൻ ഈശ്വരൻ്റെ ജ്യോതിയെ അവിടെ കണ്ടു വേറൊന്നുമില്ല അവിടെ ഈശ്വര പ്രകാശം ഈശ്വര സാന്നിധ്യമേ അവിടെ കണ്ടുള്ളൂ എന്തൊരാശ്ചര്യമുണ്ട് നീ കള പറഞ്ഞു വാസനകൾ പറിച്ചു കളഞ്ഞു ഡിസേസിനെ കംപ്ലീറ്റ് റൂട്ടഡ് ഔട്ട് അഭിമാനത്തിനെ അങ്ങോട്ട് അവിടെ നിന്ന് എടുത്തു കളഞ്ഞു അഭിമാനം അങ്ങോട്ട് പോയി കളഞ്ഞപ്പോ അവിടെ നാരായണനാണോ ഉള്ളത് ഈശ്വരനാണോ ഉള്ളത് പിന്നെ എന്ത് ദോഷം സംഭവിക്കും എന്ത് കളങ്കം സംഭവിക്കും എന്നാലും ജീവിതം വളരെ കോംപ്ലക്സാണ് ജട്ടിലമാണ് ഈശ്വരനെ ഈ ഉപാധിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണമോ അത് മാത്രം ചെയ്യിപ്പിക്കും നമ്മൾ പാപം പുണ്യം എന്നുള്ള ആ ധർമ്മമണ്ഡലത്തിനെ തരണം ചെയ്തിട്ട് ഈ ഉപാധി ഈശ്വരന്റെ കയ്യിൽ യന്ത്രമായി കഴിഞ്ഞു എന്നുള്ളതിന് ദൃഷ്ടാന്തം എന്താന്ന് വെച്ചാൽ ഒന്നും രജിസ്റ്റർ ആവില്ല നമ്മൾക്ക് ഒന്നും നമ്മൾ എഫക്ട് ചെയ്യില്ല നമുക്ക് നല്ല അനുഭവമുണ്ട് ഉറപ്പുണ്ട് ഉള്ളിൽ അന്തര്യാമിയായ ഭഗവാൻ എങ്ങനെ നടത്തിക്കണമോ അങ്ങനെ പോകുന്നു ഇങ്ങോട്ട് തിരിപ്പിച്ചു കൃഷ്ണന്റെ കയ്യിലുള്ള പുല്ലാങ്കുഴൽ ഒരു ഗോപിക ചോദിച്ചു ഹേ വേണു നീ എന്തു ഭാഗ്യം ചെയ്തു നിന്നെ ഒരിക്കലും കണ്ണൻ ഉപേക്ഷിക്കണില്ല നിന്റെ ഉള്ളിലൂടെ മധുരമായ സംഗീതം വരുന്നു ഞങ്ങളെയൊക്കെ അപ്പപ്പോ ഇട്ടിട്ട് പോണു നീ എപ്പോഴും കൂടെ ഉണ്ട് മധുരാത്മായ സംഗീതം വരുന്നു അതിനകത്ത് നീ എന്ത് തപസ് ചെയ്തു ചോദിച്ചപ്പോ ആ വേണു പറഞ്ഞു നോക്കൂ എന്റെ ഉള്ളിൽ നോക്കൂ ഒന്നുമില്ല ഹോളോ ഉള്ളിൽ അങ്ങട് കുറഞ്ഞ ഉള്ളിലുള്ളത് അങ്ങോട്ട് പോയാൽ അവന്റെ സംഗീത അതിൻ്റെ ഉള്ളിൽ കൂടെ വരും തന്റേതായിട്ടൊന്നുമില്ല അല്ലേ ഇപ്പൊ പുല്ലാങ്കുഴലെടുത്ത് വാതാ ബിഗണപതിയും വായിക്കണം തുടങ്ങുമ്പോൾ അത് പോപ്പ് മ്യൂസിക് അത് തുടങ്ങിയാൽ പുല്ലാങ്കുഴൽ തീരുമാനിക്കുകയാണേ ഞാൻ ഇന്ന പാട്ട് പാടും തീരുമാനിച്ചാൽ അയാൾ അവിടെ അടിച്ചു പൊട്ടിക്കുമത് അല്ലേ നമ്മളുടെ കുഴപ്പം അതാണ് ഈശ്വരനെ ഈ ഉപാധിയെ വെച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യണം ഈ ഉപാധിയുടെ ഉള്ളിൽ ഒരു ആസാമി കയറിയിരുന്ന് തീരുമാനിക്ക ഇന്നത് നമ്മൾ ചെയ്യും അപ്പൊ കുഴപ്പം അതങ്ങോട് പറിച്ചു കളയ കളയെ കളൈന്ദിൻപാത്തേൻ അയ്യൻ കളയൻ വേറൊന്നും കണ്ടില്ലേൻ തോഴി ആ കള പറച്ചു കളഞ്ഞു ആ ഈശ്വരന്റെ തേജസ് മഹസജ്യോതിസ് അതേ കാണാനുള്ളൂ വേറെ അവിടെ അയ്യൻകളയൻ വേറൊന്നും കണ്ടില്ലേൻ തോഴി അവിടെ ആ ജ്യോതി കണ്ടു അതാണ് നോക്കൂ അതാണ് ഇവിടെ ഇപ്പോ ഭഗവാൻ പറഞ്ഞ ആ ജ്യോതി കണ്ടാള് ആ തത്വം അറിഞ്ഞാള് അയാളുടെ ശരീരത്തില് അയാളുടെ പ്രവൃത്തി അയാളുടെ സംസാരം എന്ന് പറഞ്ഞാൽ തന്നെ അയാൾക്ക് നിർവാണമാണ് അയാളുടെ ലോകജീവിതം തന്നെ അയാൾക്ക് ബ്രഹ്മാനുഭവമാണ് സമാധി അനുഭവമാണ് വികല്പമേ ഇല്ല ഇവിടെ ദ്വൈതമേ ഇല്ല കണ്ണുകൊണ്ട് കാണുന്നത് ചെവി കൊണ്ട് കേൾക്കുന്നത് മൂക്കുകൊണ്ട് മണക്കുന്നത് നാവ് കൊണ്ട് രുചിക്കുന്നത് തൊക്കുകൊണ്ട് സ്പർശിക്കുന്നത് എല്ലാം ഒരു തത്വം തന്നെ പലതായിട്ട് പ്രകാശിക്കുകയാണെന്നുള്ള നല്ല നിശ്ചയം ഏവം പശ്യൻ ഏവം അന്വാന ഏവം വിജാനൻ ആത്മരതി ആത്മക്രീഡ ആത്മമിഥുന ആത്മാനന്ദ സസ്വരാട്വതി ആത്മാനുഭവ നിശ്ചയം അല്ലേ ഇതൊക്കെ നല്ലവണ്ണം വിചാരം ചെയ്ത് തെളിഞ്ഞ് ഈ ഏകതത്വനിശ്ചയം അദ്വൈതാത്മതത്വനിശ്ചയം അതിൽ നിന്ന് അന്യമായ ഒന്നുമില്ലെന്നുള്ള തത്വനിശ്ചയം വന്ന് അഭിമാനമുള്ള നിവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതമെന്ന് പറയുന്ന ഒരു പ്രഹേളിക അതില് എന്ത് വരും എന്ത് സംഭവിക്കും നാളെ എന്താവും ഒന്നും അറിയില്ല അൺപ്രഡിക്റ്റബിൾ അതാണ് ദൈവം എന്ന് പറഞ്ഞത് ദൈവം എന്ന അഞ്ചാമത്തെ കാരണം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അൺപ്രഡിക്റ്റബിലിറ്റിയാണ് അല്ലേ നമ്മൾ അതാണല്ലോ നമുക്കൊരു പതർച്ച ആർക്കെങ്കിലും വന്ന് ഇന്നത് നടക്കും ഇപ്പൊ ഈ നാടീ ജോത്സ്യം അച്ഛന്റെ പേര് അമ്മയുടെ പേരൊക്കെ പറഞ്ഞ് നമ്മൾ പതറിപ്പോവും പക്ഷെ ഫ്യൂച്ചറൊക്കെ കുളവാകും ഒക്കെ എന്താന്ന് വെച്ചാൽ അത് ഈശ്വരൻ സമ്മതിക്കില്ല ഫ്യൂച്ചർ മുഴുവൻ പെർഫെക്റ്റ് ആയിട്ട് പറയും ഈശ്വരൻ സമ്മതിക്കില്ല ആ ശക്തി സമ്മതിക്കില്ല അതിങ്ങനെ മറച്ചു വെക്കും അതാണ് ആവരണം എന്ന് പേര് അല്ലേ കഴിഞ്ഞ ജന്മം നമുക്ക് ഓർമ്മയുണ്ടോ ഓർമ്മേയില്ല എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങട്ട് പോന്നു കഴിഞ്ഞാൽ മറന്നുപോയി കംപ്ലീറ്റ് ആയിട്ട് ഷട്ടറിട്ട് കളയും അതാണ് ആവരണ സ്ഥിരോധമലം തിരോധാനമലം ആവരണം എന്നൊക്കെ പറയും അത് മറച്ചു അറിയേയില്ല അതുകൊണ്ട് നമ്മളിവിടെ സുഖമായിട്ട് ഇതാണ് ഫസ്റ്റ് ജന്മം എന്നുള്ള മട്ടിലിരിക്കും എന്താണെന്ന് വെച്ചാൽ അറിയാൻ സമ്മതിക്കില്ലേ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ വന്ന് മിക്സായാൽ ടോട്ടൽ കയോസാകും കൺഫ്യൂഷനാകും അതുകൊണ്ട് അറിയാതിരിക്കാൻ ആ ഷട്ടർ ഇട്ടു പക്ഷെ അതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ ഇവിടെ വന്ന് പല രൂപത്തിൽ വന്ന് നിൽക്കും നമുക്കറിയാം നമ്മളുടെ അച്ഛൻ നമ്മളുടെ അമ്മ നമ്മളുടെ ബന്ധുക്കള് നമ്മളുടെ ഭർത്താവ് നമ്മളുടെ ഭാര്യ നമ്മളുടെ കുട്ടികൾ ഒക്കെ തന്നെ നമ്മളുടെ ഉള്ളില് സൂക്ഷ്മം സൂക്ഷ്മമായിട്ടിരിക്കുന്ന ഏതേതോ വാസനകളുടെ ആഫ്റ്റർ ഇഫക്റ്റ് പുറത്ത് രൂപം ധരിച്ച് വരികയാണ് അതിൽ നിന്ന് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ഉണ്ടാവുണ്ടെങ്കിൽ യു ഡിസേർവ് ഇറ്റ് ബിക്കോസ് സംതിങ് കറസ്പോണ്ടിങ് ടു ഇറ്റ് ഈസ് ദയർ വിത്തിൻ യു അതർവൈസ് ഇറ്റ് വിൽ നോട്ട് കം എന്തോന്നും അതിന് ആനുപാതികമായിട്ടുള്ളിൽ ഉണ്ടാവും അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ഇത് കണ്ണാടി പോലെയാണെന്ന് പറഞ്ഞത് വിശ്വം കണ്ണാടിയാണെന്ന് വെച്ചാൽ കണ്ണാടിയുടെ ബിംബം എവിടെയാണ് അവിടെ പ്രതിബിംബമാണ് കണ്ണാടിയിൽ പോയി ആരും ഷേവ് ചെയ്യില്ലല്ലോ ഇവിടെയല്ലേ ചെയ്യണത് അല്ലേ അതിന്റെ സൂക്ഷ്മരൂപം ഇവിടെ ഇരിക്കണു അപ്പൊ ഈ രഹസ്യം അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് കർമ്മം കർമ്മത്തിനു മൂലമായിട്ടുള്ള വാസന വാസനകളാണ് കർമ്മമായിട്ട് വരുന്നത് ആ വാസനയെ മുഴുവൻ നിവർത്തിപ്പിച്ച് അഭിമാനത്തിനെ ഇല്ലാതാക്കി ചെയ്ത ജ്ഞാനി അഥവാ ഭഗവാന്റെ അടുത്ത് ജീവിതം സമർപ്പണം ചെയ്ത ഭക്തൻ അതിന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാവും അല്ലെ ഈശ്വരന്റെ കയ്യിൽ അങ്ങോട്ട് സമർപ്പണം ചെയ്തു ഭഗവാന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു ഓരോ സ്റ്റെപ്പിലും കൊടുത്തു അങ്ങനെ കൊടുത്ത ഭക്തന്റെ കാര്യത്തില് ഒന്നും പിന്നെ അയാളുടെ ചുമതലയല ഒക്കെ ആ ജഗദീശ്വരി ആ മഹാശക്തി നടത്തുന്നതാണ് അതിന്റെ കയ്യിലാണ് അയാൾക്ക് ൃത്തോ ഭാവ അഹങ്കർത്തുള്ള ഭാവില്ല അയാളുടെ ബുദ്ധി ഒന്നുകൊണ്ടും അഫക്റ്റഡ് ആവണില്ല അയാളുടെ ജീവിതത്തിൽ കോംപ്ലക്സായ ജട്ടിലമായ ജീവിതത്തിൽ ഹത്വാഭിസൈമാൻ നോക്കാൻ കൊന്നാൽ പോലും എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ കൊല്ലുക എത്ര വിഷമം പിടിച്ച കാര്യ എത്ര വേദനാജനകമായ കാര്യമാണ് അല്ലേ അതിനെന്തിനാ ഭഗവാനോട് പറഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു തലയിൽ എഴുത്താണ് അർജുനന് ഉഗ്രപ്രാരം എന്ന് പറയും ഓരോരുത്തരുടെ പ്രാരബ്ധം എന്തായിരിക്കും എന്ന് ആർക്കും അറിയില്ല പലരും പറയണ്ട് അവരുടെ വർക്ക് ഫീൽഡിൽ പോയിട്ട് പറയണ്ട അയ്യോ വയ്യ ആ ജോലി ചെയ്യാൻ വയ്യ എന്നാ വിട്ടിട്ട് വരുമെന്ന് വെച്ചാൽ അത് വിടാനും പറ്റില്ല പല വിധത്തിലും കുടുങ്ങി കിടക്കും അപ്പൊ ഈ ജോലി ഒന്നില് ജോലിയെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ജോലി ഞാൻ ചെയ്യണമെന്നുള്ള ഭാവത്തിനെ ഉള്ളിൽ നിന്നും ജ്ഞാനം കൊണ്ട് നീക്കിക്കളയണം ജോലിയെ ഉപേക്ഷിച്ചാലും ഈ ഭാവം ഉള്ളെന്ന് നീങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമാവില്ല അതുകൊണ്ട് ജോലി നടക്കുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ആ ഭാവത്തിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു മാജിക് നടക്കും എന്താ മാജിക് അറിയോ ആ ഭാവം ഉള്ളു പോയി കഴിഞ്ഞാൽ ആ ജോലി കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന റിസൾട്ട് ആവശ്യമില്ലാതായി തരുമ്പോ പ്രകൃതി ആ ജോലിയെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും നിങ്ങൾക്ക് കാണാം മാജിക്ക് പോലെ അത് കാണാം എപ്പോഴാണോ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തത് അത് നിങ്ങളുടെ മേലെ ആഘാതം ഉണ്ടാക്കാത്തത് ആഘാതത്തിന് നിങ്ങൾ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞു കഴിയുമ്പോൾ ഇനിയിപ്പോൾ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെയാണെന്നാവുമ്പോൾ അത് അങ്ങോട്ട് വീണുപോകും ധർമ്മം കൊഴിഞ്ഞു പോകും നൈഷ്കർമ്മ്യ സിദ്ധിം എന്ന് ഭഗവാൻ ഇനി പറയാൻ പോണം പരമാംനാണ് കംപ്ലീറ്റ് സമാധി എന്നുവെച്ചാൽ ഒരു അർജ് ഇല്ല ഒരു മോട്ടീവ് ഇല്ല ഒരു ഡിസയർ ഇല്ല ശാന്തി ശാന്തി ബ്രഹ്മശാന്തി അപ്പൊ ഈ ജ്ഞാനത്തിന്റെ ഈ വിളയിടുന്ന വിത്തിട്ട് വളർത്തുന്ന ആ ഒരു വയൽ ആ വയലാണ് നമ്മളുടെ ഹൃദയമെന്ന് അറിഞ്ഞുകൊള്ളുക അവിടെ കർമ്മമാണ് കള ആ കളപറിച്ച് കളയാണ് നമ്മൾ ആ കർമ്മമാവുന്ന കാര്യം കർമ്മം എങ്ങനെ നടക്കുന്നു അതാണ് ഇനിയും ഭഗവാൻ പറയുന്നത് കർമ്മത്തിനെ പ്രവർത്തിപ്പിക്കുന്നത് എന്താണ് നോക്കൂ കർമ്മണം പ്രവർത്തകം ഉച്ചതേ നൂ അടുത്ത ശ്ലോകം ജേയം പരിജാദത്തെ ജാനം ജേയം പരിജാ ജ്ഞാത അനേന വിഷയം ജാനം റിയുക എന്നുള്ള ഒരു പ്രോസസ് ജേയം അതായത് അറിയപ്പെടുന്ന വസ്തു സാമാന്യമായിട്ട് പറഞ്ഞ കണ്ണുകൊണ്ട് അറിയപ്പെടുന്നത് രൂപം ചെവി കൊണ്ട് ശബ്ദം മൂക്കുകൊണ്ട് അറിയപ്പെടുന്നത് മണം നാവുകൊണ്ട് അറിയപ്പെടുന്നത് രുചി അതുപോലെ അറിയേണ്ട വിഷയം അറിയുന്നവനായ ഉപാധി ലക്ഷണനായ ജീവൻ ഈ ശരീരം മനസ്സൊക്കെ ഞാനാണ് എന്ന് അഭിമാനിച്ചുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന ഒരാള് അവിദ്യ കല്പിത്തോ ഭോക്ത ഈ മൂന്നും കൂടി ചേർന്നിട്ട് ത്രിവിധ കർമ്മ ചോദന കർമ്മത്തിന് ചോദന കർമ്മത്തിന് ഈ ഇത് ഉള്ള നമ്മൾക്ക് വേദം പറയണു നീ ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യാൻ പാടില്ല കർമ്മത്തിൽ ചോദിപ്പിക്കണു നമ്മളെ വേദം എന്താന്ന് വെച്ചാൽ നമ്മളെ മിണ്ടാതിരിക്കാൻ വയ്യ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യൂന്നാണ് പഴയ ഭൂതത്തിന് പണി കൊടുത്തില്ലേ അതിന് എന്തെങ്കിലും പണി കൊടുത്തോണ്ടേ ഇരിക്കണം അവസാനം ഒരു നായ പിടിച്ചു കൊടുത്തിട്ട് ഈ ബാല നിവർത്തിപ്പിക്കുന്നുണ്ടാതെ അതന്നെ ചെയ്തുകൊണ്ടിരുന്നു അത്ര അതുപോലെ എന്തെങ്കിലും ഒരു പണി കൊടുക്കുകയാണ് കർമ്മ ചോദന വേദം നമുക്ക് കർമ്മം തരുകയാണ് കരണം കർമ്മ ത്രിവിധ കർമ്മസംഗ്രഹ ഈ ഇതും വെച്ചുകൊണ്ട് കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മസംഗ്രഹ ക്രിയത്തെ അനേനെ ഇതി ബാഹ്യം ശ്രോത്രാദി ഇന്ദ്രിയങ്ങളൊക്കെയാണ് കരണങ്ങള് ചെയ്യേണ്ടതാ ഇഷ്ടപ്പെടുന്നതാണ് കർമ്മം ആ ചെയ്യുന്ന അഹങ്കാരമാണ് കർത്താവ് ഇതൊക്കൂടി കർ കരണസംഗ്രഹ കർമ്മസംഗ്രഹ ഇതൊക്കെ കർത്താ കർമ്മത്തിനുള്ള ചോദന ഒന്ന് ശാസ്ത്രം രണ്ട് ശാസ്ത്രം അറിഞ്ഞു പ്രവർത്തിക്കുന്ന ആള് ഇത് രണ്ടും കൂടി ചെയ്തിട്ട് ഇതിലെ ക്രിയാകാരകം ഫലം ചെയ്യുന്നവൻ ചെയ്യുന്നവന്റെ അഭിമാനം ഫലം ഒക്കെ കൂടിയുള്ള ഒരു കാര്യപരിപാടി ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് സംസാരം എന്ന് പറഞ്ഞത് മനസിലായോ മനസ്സിലായില്ല അതാണത് confusion do worship action result and how to do it you have a theory a system a scripture endukku unde le nammalo lokathile pravarthe cheythu phalam sambhadikanvendi etra shastram endukku undakki vechirikunnu nokku ഇനിയും മിനിം മിനി കൂടുതലായിക്കൊണ്ടേ പോവാണ് കൺഫ്യൂഷനാണ് നാമം പേരുകൾ ഉണ്ടാക്കിക്കൊണ്ട് പല പല പേര് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് വളർത്തിക്കൊണ്ടേ പോവാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇപ്പൊ എന്താ ചെയ്യണമറിയോ ചെറിയ പുതിയ പുതിയ വിദ്യാഭ്യാസം ഉണ്ടാക്കുകയാണ് ചില ചില സബ്ജെക്ട് ഇതുവരെ ആരും എഴുതിയില്ല അപ്പൊ ഒരു പുസ്തകം എഴുതി അതിൽ കുറെ പേരുകളൊക്കെ കൊടുത്ത് അതൊക്കെ നമ്മുടെ പിള്ളേരെ ബൈഹാർട്ട് ചെയ്ത് കാണാൻ പാഠം പഠിച്ച് പരീക്ഷയ്ക്ക് പോയി ഛർദ്ദിക്കണം എത്ര കാരണം ഇപ്പൊ തന്നെ നോക്കൂ ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന ഇതൊക്കെ ഭഗവാൻ വൈദിക സംജ്ഞയിൽ നിന്ന് എടുക്കുകയാണ് ഇതൊക്കെ ഭഗവാന് പോലെ നമുക്ക് പറഞ്ഞു തരണം എന്ന് ഉദ്ദേശം ഒന്നുമില്ല കർമ്മ കർത്തേതി ത്രിവിധ കർമ്മസംഗ്രഹ ഇത് വെച്ചുകൊണ്ടാണ് സഹസ്രനാമത്തിലെ വ്യാസഭഗവാൻ പറഞ്ഞ കരണം കാരണം കർത്ത വികർത്ത ഒക്കെ അവനാണെന്നാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗാന്തൃം ബ്രഹ്മകർമ്മ സമാധിന എല്ലാവൻ കർത്താവും കരണവും ജ്ഞാനവും ജേയവും ജ്ഞാനം ജ്ഞാനഗമ്യം ഹൃദയ അദ്വൈതാത്മജ്ഞാനം കൊണ്ട് സിംപ്ലിഫൈ ചെയ്യണം എല്ലാം അത് തന്നെയാണ് എല്ലാം ഭഗവാനാണ് എന്ന് അറിയുമ്പോ ഈ കൺഫ്യൂഷൻ അവിടെ നിൽക്കും അടുത്ത ശ്ലോകം നോക്കൂ ജ്ഞാനം കർമ്മ ചർത്താ ത്രിധൈവു പ്രോച്യത്തെ ഗുണസംഖ്യം പാരിഭാഷം ഈപ്സിമം വൈയാകരണർ പറയുന്ന കർമ്മ ഒന്നുമല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ പാഠമായിട്ട് എടുക്കണം ഇത്ര ആളുകൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശാസ്ത്രമായിട്ട് പോകും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തൊട്ടുപോകുകയാണ് ഈ വിഷയങ്ങളൊക്കെ ജ്ഞാനം കർമ്മച്ച കർത്താജ ത്രിതൈവ ഗുണഭേദ ഗുണസംഖ്യാനെ ഗുണങ്ങളുടെ ഗുണങ്ങളുടെ സ്വരൂപത്തിന് ചിന്തിക്കുന്ന സാഖ്യ ശാസ്ത്രത്തില് ജ്ഞാനം ജ്ഞാനവും കർമ്മവും കർത്താച്ച് കർത്താവും ഗുണഭേദത സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങളോടുകൂടി അതിൽ വരുന്ന ഭേദം കൊണ്ട് ത്രിത മൂന്ന് വിധത്തിലായിത്തീരുന്നു ജ്ഞാനവും മൂന്ന് വിധത്തിലുണ്ട് കർമ്മവും മൂന്ന് വിധത്തിലുണ്ട് കർത്താവും മൂന്ന് വിധത്തിലുണ്ട് സത്വഗുണത്തിനും രജോ ഗുണത്തിനും തമോ ഗുണത്തിനും അതിനെ കുറിച്ച് നമ്മള് ഇപ്പൊ പറയാൻ പോകുന്നു നോക്കിക്കോളുക അതിലാദ്യമായി ഭഗവാൻ പറയണത് ആ ശ്ലോകം വായിച്ചിട്ട് നമ്മൾ നിർത്താം ൂതേഷു നൈകം ഭാവം അവ്യയമേക്ഷവിഭക്തം വിഭക്ത തജ്ഞാന വിദ്ധി സാത് ഇതുമാത്രം നമുക്ക് മുഖ്യം ജ്ഞാനം സാത്വികമായ ജ്ഞാനം എന്താണെന്ന് വെച്ചാൽ സർവഭൂതേഷും എല്ലാ പ്രാണിജാതങ്ങളിലും ഒന്നൊന്നുപോലെയല്ല എല്ലാം വരെ വരെ വരെ വരെ വരെയാണ് കാക്കകളൊക്കെ നമുക്ക് നോക്കിയാൽ ഒരേപോലെ ഉണ്ടാവും സൂക്ഷിച്ചു നോക്കിയാൽ ഓരോ കാക്കയും വേറെയാ വെള്ളക്കാരെയൊക്കെ നോക്കിയാൽ നമുക്ക് എല്ലാ ഒരേപോലെ ഉണ്ടാവും പക്ഷെ ഒരാള് റുമാനിയനായിരിക്കാം ഒരാൾ അമേരിക്കൻ ആയിരിക്കാം ഓരോരുത്തർ ഓരോരുത്തർ ഓരോ സ്ഥലമാണ് നമുക്ക് കാണുമ്പോ ഒക്കെ ഒരേ പോലെ ഉണ്ടാവും അല്ലേ പക്ഷെ ഓരോന്നും വേറെയാണ് എല്ലാത്തിന്റെ സ്വഭാവം വേറെയാണ് പ്രകൃതി വേറെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് പുറകില് മാറാതെ അവിഭക്തം വിഭക്തേഷും ഒക്കെ വേറെയായിട്ട് ഇരിക്കുന്നതിന് പുറകില് വേറെയല്ലാതെ ഏകമായ അവ്യയമായ ഒരു ഭാവം ഒരു സത്യമുണ്ട് അതിനെ കാണാനുള്ള കൗശലം ആണ് ജ്ഞാനം നമ്മള് വി ഗെറ്റ് ഓവർ പവേഡ് ബൈ ദിസ് ഡിഫറൻസ് ഡിഫറൻസിനെ നമുക്ക് ഇല്ലാതാക്കാനേ പറ്റില്ല ഒന്ന് എല്ലാത്തിനെയും ഒന്നാക്കാൻ പറ്റുമോ അത് വരും ഒരു സ്വപ്നമാണ് അല്ലേ എല്ലാവരും ഒന്നാണ് എങ്ങനെയെല്ലാം ഒന്നാവും എല്ലാം വേറെയാണ് ഒരേ ആൾ നമ്മൾ തന്നെ ഇന്ന് പറയണം നാളെ പറയണം നമ്മളുടെ ഉപാധി തന്നെ ഇന്ന് പോലെയല്ല നാളെ ഇപ്പൊ ഇരിക്കുന്ന പോലെയല്ല നമ്മളുടെ മനസ്സ് വീട്ടിലെത്തുമ്പോ ഇപ്പ വിചാരിക്കണ കാര്യമല്ല നെക്സ്റ്റ് മൊമെന്റിൽ കണ്ടിന്യൂസ് കോൺസ്റ്റന്റ് ചേഞ്ചാണ് ആ ചേഞ്ചിന് പുറകില് ദർ ഈസ് എ ചേഞ്ച് പ്രിൻസിപ്പിൾ അതിനെ വീക്ഷിക്കുന്ന കൗശലമുണ്ടല്ലോ അതിനെ ജ്ഞാനം എന്ന് പറഞ്ഞു അപ്പോ ജ്ഞാനം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ജ്ഞാനം എന്താണെന്ന് വെച്ചാൽ പല ഡിഫറൻസ് പല വൈവിധ്യം കാണുന്നു അതിന് ഏകമായ ഒരു സൂത്രത്തിനെ കാണുന്നു അതാണ് അറിവ് അറിവെന്ന് പറഞ്ഞാൽ ആ ഏക തത്വ അറിവ് ഏക എല്ലാത്തിലും ഒന്ന് കാണുന്നു എല്ലാത്തിനു പുറകിലും ഒന്ന് കാണും എല്ലാത്തിനെയും ഒന്നായി കാണാൻ എല്ലാത്തിന് പുറകിലും ഉള്ള അധിഷ്ഠാനത്തിനെ കാണുന്നു അതൊന്നാണ് ഡിഫറൻസ് അറിയുന്നുണ്ട് ഡിഫറൻസ് അറിഞ്ഞിട്ടില്ലെങ്കിൽ വ്യവഹരിക്കാനേ പറ്റില്ല ഡിഫറൻസേ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് സൂക്കഡ് വേറെയാണ് ഒന്നിനും കൊള്ളാതായിട്ട് തീരും എല്ലാ ഡിഫറൻസും അറിയാം എല്ലാ വ്യത്യാസമോ അറിയാം ഞാൻ എനിക്ക് പോയില്ല എല്ലാ വ്യത്യാസങ്ങളും എല്ലാ ഭേദങ്ങളും അറിയുന്നു പക്ഷേ ആ ഭേദത്തിന് പുറകില് ഉള്ള അസാമാന്യമായ സാധ്യത അസ്പൃഷ്ടമായൊരു പൂർണ്ണബോധം അസംഗമായിട്ട് നിൽക്കുന്ന വസ്തു നിത്യ നിർവാണസുഖസ്വരൂപമായൊരു സാക്ഷി ചൈതന്യം അതിനെ കാണാനുള്ള കഴിവുള്ളതുകൊണ്ട് ഏത് സ്ഥിതിയിലും ഞാൻ ആനന്ദമാണ് ഇതിന് ദൃഷ്ടാന്തമായിട്ട് മധുസൂദന സരസ്വതി സ്വാമി പറഞ്ഞു പ്രഹ്ലാദവത് ആ കൊച്ചുകുട്ടി പ്രഹ്ലാദനെടുത്തു ആ പ്രഹ്ലാദനാണെന്ന് ആരതന് കിട്ടിയ ഏറ്റവും വലിയ എക്സാമ്പിൾ ഭക്തൻ ആരാണ് ഏറ്റവും വലിയ ഭക്തൻ പ്രഹ്ലാദനാരദ പരാശര പുണ്ടരീക വ്യാസാംബരീഷ ശുഖനക ഭീഷ്യാൻ ആദ്യം ഇരുത്തിയത് പ്രഹ്ലാദനാണ് എന്താന്ന് വെച്ചാൽ അസുരൻ കാൺ എല്ലാവിധത്തിലും വിരുദ്ധമായ അനുകൂലമേ അല്ലാത്ത ഒരു ജനിച്ച ആ കുട്ടി ഒരു സാധനയും ചെയ്തില്ല ജനിക്കുമ്പോ പൂർണ്ണനായിട്ട് ജനിച്ചു ശ്രീശുഖബ്രഹ്മ മഹർഷിക്ക് പോലും സംശയം വന്നിട്ട് ജനകന്റെ അടുത്ത് പോകേണ്ടി വന്നു പ്രഹ്ലാദൻ ഒരിടത്തും പോയില്ല ഗർഭത്തിൽ ഇരിക്കുമ്പോൾ നാരദൻ പറഞ്ഞ് കേട്ടതാണ് ജനിച്ചപ്പോ പൂർണമായിട്ട് എല്ലാത്തിലും സർവത്ര ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണു ആകാശമുച്ച അസുരകുട്ടികൾ പറയുന്നു ഹേ പ്രഹ്ലാദ ഇതെങ്ങനെ വിഷ്ണുവിനെ അറിയാൻ കഴിയും അച്യുതം പ്രിണയത്തോ ബഹുവായാസോ അസുരാത്മജാഹ ആ കുട്ടി പറയാണ് ഹേ അസുരക്കുട്ടികളെ ാരായണനെ അറിയാൻ എന്താ ഇപ്പോ ബുദ്ധിമുട്ട് അതൊന്നും വേണ്ട ആത്മത്വാ സർവഭൂതാനാമെല്ലാവരുടെ ഉള്ളിലും ആത്മാവാണ് സിദ്ധത്വാദിഹ് സർവതഹ ഇവിടെ തന്നെ ഇപ്പൊ തന്നെ കിട്ടിയിട്ടുള്ള വസ്തുവാണ് നിത്യസിദ്ധമായ ആത്മസ്വരൂപമായിട്ടിരിക്കുന്ന ഹരിയെ നേടിയെടുക്കാൻ നീ ഒരു നാമം ചൊല്ലി ബുദ്ധിമുട്ടേണ്ട ആവശ്യം പോലും ഇവിടെ ഒരു സാധനം ചെയ്ത് നേടിയെടുക്കേണ്ട ഒരു വ്യാപാര സാധന അല്ലാതെ അത് നിത്യസിദ്ധമാണ് അതാണോ ഉള്ളത് ബാക്കിയൊന്നും ഇല്ലയെന്ന് നിത്യോ അവ്യയോ ഏകഹ ശുദ്ധ സാക്ഷി അനാവൃത്ത ഒരിക്കലും മറന്നിട്ടേ ഇല്ല എന്നാണ് അതുകൊണ്ടാണ് ഹിരണ്യകശുപ് കിടന്നു കോപിച്ചു തുള്ളുമ്പോഴും പ്രഹ്ലാദൻ ശാന്തമായിട്ടിരുന്നു പറഞ്ഞ അച്ഛ നിങ്ങളുടെ ഉള്ളിലും ഹരിയാണോ അസുര കുട്ടികളുടെ ഉള്ളിലും ഹരിയാണ് തൂണിലും ദുരുമ്പിലും എല്ലാച്ചിലും ഹരിയുണ്ട് വായു അഗ്നി അവനി അമ്പുമാത്രാ പ്രാണേന്ദ്രിയ ഹൃദയം ചിത് അനുഗ്രഹശ്ശവം ത്വമേവ ഇതിന് ജ്ഞാനം എന്ന പേര് ഈ ജ്ഞാനത്തിനെ കേൾക്കുക ഇതിനെ ചിന്തിക്കുക ഇതിനെ മനനം ചെയ്യുക ഇതിനെ അനുഭവിക്കുക ഇതിൽ തന്നെ ജീവിക്കുക അതിന് പേരാണ് സത്സംഗം അജ്ഞാനം യഥതോന്യഥ ഇതിൽ നിന്ന് അന്യമായിട്ടുള്ളത് അജ്ഞാനം പലത് പലത് കാണുക അതിൽ വെറുപ്പുണ്ടാവുക രാഗദ്വേഷം ഉണ്ട് ഇത് വേണം തോന്നുക ഇത് വേണ്ടാന്ന് തോന്നുക അപ്പോ ഈ ശ്ലോകം മുതൽ നാളെ തുടങ്ങാം വൈകുന്നേരം ഇതേ സമയത്ത് ഇവിടെ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാ ഛല ശിവ അരുണാ ചല ശിവ അരുണാ ശിവ അരുണാ ഛല ഫാളാവലമൃത് ഫാളനേത്രാച്ഛിഷാ ദ പഞ്ചു കീടം ശൂലാഹതാരതികൂട്ടം ശുദ്ധമർദിന്ദു ചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദി ശംഭോ മഹാദേവ ദ ശംഭോ ശംഭോ മഹാദേവദിരാജുജം ംഗാഭിരാമോ ഓക്കുറ സിദ്ധ സംസേതന്ധു ശംഭോ മഹാദേവദി ശംഭോ മഹാദേവേശ ശംഭോ കപ്പീശം ഹേശം മഹാവ്യോമകേശം കുന്ദിസൂര്യ പ്രകാശം ഭജേ മാഗബന്ധു ശംഭോ മഹാദേവദിവംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദ നിിത ീനുദാശേഷോകേശ വൈരി പ്രതാ പാർത്ത സ്വരാഗേന്ദ്രാപം കൃത്യവാസം ഭജേ ദിവസന്മാർ ബന്ധു ശംഭോ മഹാദേവദി ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവ മന്ദാരൂതിരുദാരം ൂരം സിന്ദൂര ദൂര പ്രചാരം സിന്ധൂരാജതി വീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവ മ തോ നമചിസ്തിയ തേഷ്ടം കൂരുമാത്മനാഥം